അധ്യായം പതിമൂന്ന് ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രയേലിന്റെ സർവ്വസഭയോടും പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ ഹോവയ്ക്ക് ഹിതവുമാകുന്നു എങ്കിൽ നാം ഇസ്രയേൽ ദേശത്തെല്ലായിടവുമുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറങ്ങളുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടേണ്ടതിന് എല്ലായിടവും ആളയയ്ക്കുക നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക ശൌലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവസഭയും പറഞ്ഞു ഇങ്ങനെ ദാവീദ് ദൈവത്തിന്റെ പെട്ടകം കിരിയത് യയാറിമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് മിസ്രൈമിലെ ഷീഹോർ തുടങ്ങി ഹമാത് പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രയേലിനെയും കൂട്ടിവരുത്തി കിരൂബുകളുടെ മധ്യെ യഹോവയായ ദൈവത്തിന്റെ തിരുനാമം വിളിക്കപ്പെടുന്ന പെട്ടകം കൊണ്ടുവരേണ്ടതിന് ദാവീദും ഇസ്രയേലൊക്കെയും യഹൂദയോട് ചേർന്ന് കിരിയത്യാരീമെന്ന ബയലയിൽ ചെന്നു അവർ ദൈവത്തിന്റെ പെട്ടകം അഭിനാതാവിന്റെ വീട്ടിൽ നിന്ന് എടുത്തു ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസയും അഹിയവും വണ്ടി തെളിച്ചു ദാവിദും എല്ലാ ഇസ്രയേലും ദൈവത്തിന്റെ സന്നദ്ധയിൽ പൂർണ്ണ ശക്തിയോടെ കിന്നരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്തു അവർ കിതോൻ കളത്തിന് സമീപമെത്തിയപ്പോൾ കാള വിരളുക കൊണ്ട് ഉസ്സ പെട്ടകം പിടിപ്പാൻ കൈനീട്ടി അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു അവൻ തന്റെ കൈ പെട്ടകത്തിങ്കലേക്ക് നീട്ടിയതുകൊണ്ട് അവനെ ബാധിച്ചു അവനവിടെ ദൈവസന്നിധിയിൽ മരിച്ചുപോയി യഹോവ ഉസയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന് പേർ വിളിച്ചു ഇത് ഇന്നുവരെയും പറഞ്ഞുവരുന്നു അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടുപോയി ഞാൻ ദൈവത്തിന്റെ പെട്ടകം എങ്ങനെ എന്റെ എടുക്കൽ കൊണ്ടുവരേണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് പെട്ടകം തന്റെ എടുക്കൽ ദാവീദന്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്യനായ ഓബേദ് ഏതോമിന്റെ വീട്ടിലേക്ക് മാറ്റൊണ്ടുപോയി ദൈവത്തിന്റെ പെട്ടകം ഓബേദ്ദോമിന്റെ കുടുംബത്തോടു കൂടെ മൂന്ന് മാസം അവന്റെ വീട്ടിൽ ഇരുന്നു യഹോവ ഓബേദ് ഏതോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു